ഭൂമി വരണ്ടുണങ്ങി കിടക്കുന്നത് നീ കാണുന്നതും അവൻറെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നാൽ നാം അതിൽ വെള്ളമിറക്കുമ്പോൾ അത് ചലിക്കുകയും വളരുകയും ചെയ്യുന്നു അതിനെ ജീവിപ്പിച്ചവൻ തീർച്ചയായും മരിച്ചവരെയും ജീവിപ്പിക്കുന്നവനാകുന്നു തീർച്ചയായും അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു